നിങ്ങൾ ഭൂമിയിൽ വളരെ കുറഞ്ഞവരും ദുർബലരുമായിരുന്ന സന്ദർഭം ഓർക്കുക ജനങ്ങൾ നിങ്ങളെ പിടിച്ചുകൊണ്ടുപോകുമെന്ന് നിങ്ങൾ ഭയപ്പെട്ടിരുന്നു അപ്പോഴാണ് അവൻ നിങ്ങൾക്ക് അഭയം നൽകിയതും അവന്റെ സഹായത്താൽ നിങ്ങളെ ശക്തിപ്പെടുത്തിയതും നിങ്ങൾക്കുത്തമമായ വസ്തുക്കൾ നൽകിയതും നിങ്ങൾ നന്ദിയുള്ളവരാകാൻ വേണ്ടിയാണത്